ഭാഷ്യേ പുനഃ പുനഃ ഈശ്വര ഗുരുതേ ദക്ഷിണ ഭാഷയാണ് ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വിഷയം സന്യാസം പുനരുത്തം യുവരാജകംസ്ത ശബ്ദം നേരത്തെ ചോദിച്ച ആള് പറഞ്ഞു പരിപ്രാജകൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിപ്രാജകൻ ആകണമെന്നൊന്നുമില്ല ഗൃഹസ്ഥനുമാകാം ഗൃഹസ്ഥനും ബ്രഹ്മനിഷ്ഠനാകാം യവവരാഹാദി ശബ്ദവ പരിവ്രാചകൂഢ ബ്രഹ്മസംസ്ഥൻ എന്ന് കേട്ടുടൻ തന്നെ പരിവ്രാചകൻ എന്നർത്ഥം മനസ് വരാൻ പാടില്ല എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത് അതുപോലെ യവം എന്ന് കേട്ടുകഴിഞ്ഞാൽ യവം എന്ന ധാന്യത്തെ കുറിച്ച് അവിടുത്തെ ബോധം വരുന്നു വരാഹം എന്ന് കേട്ടുകഴിഞ്ഞാൽ അശ്വിൻ ശിവ വരാഹം തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതാത് ജീവികളെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നു മറ്റൊരു ബോധം ഉണ്ടാക്കത്തില്ല എന്തുകൊണ്ട് ആ ശബ്ദങ്ങൾക്ക് അർത്ഥങ്ങളുമായിട്ടുള്ള ബന്ധം അനാദിയാണ് രൂഢം എന്ന് പറയും അനാദി ബന്ധത്തെ രൂഢം എന്ന് പറയും അനാദി ലക്ഷണ എന്നും പറയും രൂഢത്തിന് രൂഢാർത്ഥമാണ് അതുപോലെ ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിപാടികൻ എന്നർത്ഥം കൊടുക്കാൻ പാടില്ല അങ്ങനെ അതൊരു രൂഢ ശബ്ദമുണ്ട് ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥനുമാകാം ഇതാണ് ചോദ്യകർത്താവ് പറയുന്നത് പൂർവക്ഷി പറയുന്നത് ബ്രഹ്മസംസ്ഥൻ ഗൃഹസ്ഥനുമാകാം തത്പരിഹൃതം അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞത് സാധ്യമല്ല സംഭവ്രാജക്രാജകന് മാത്രമേ സംഭവിക്കത്തുള്ളൂ നാന്യസ്യു പറഞ്ഞാൽ അത് ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥനോ ഭക്ഷിക്കാനൂടെ പറഞ്ഞാൽ തപസിയോ ഒരു മൂന്ന് കൂട്ടർക്കും സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അവർക്കെല്ലാം നിശ്ചിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കർത്തവ്യബോധമുണ്ട് ആ കർത്തവ്യബോധമുള്ളവർക്ക് ആ ബ്രഹ്മസ്ഥിതി സാധ്യമല്ല എന്നാൽ നമ്മൾ വിശദീകരിച്ചാണ് കടുത്തൃത്വം ഭോക്തൃത്വോ ബുദ്ധിയിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മനിഷ്ഠ ഞാൻ അകർത്താവാണ് അഭോക്താവാണ് എന്നുള്ള ബോധം വരാൻ സാധ്യമല്ല ഈ ആശ്രമങ്ങൾക്കെല്ലാം പ്രത്യേകം കർമ്മങ്ങൾ വിധിച്ചിരിക്കും ആശ്രമത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് അത് ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങളാണ് അവിടെ കർത്തൃത്വം അഭോക്തൃത്വം ബോധം വരും അങ്ങനെ ഒരാളിനെങ്ങനെ ബ്രഹ്മസംസ്ഥനാകാൻ പറ്റും അതുകൊണ്ട് സമ്പൂർണ്ണ കർമ്മത്യാഗം അവിടെ മാത്രമേ ബ്രഹ്മസംസ്ഥത സംഭവിക്കത്തുള്ളത് പരിവരാജകൻ മാത്രം ഇനി അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് യജ്ഞനുരുദ്ധം ശബ്ദാഹ നിമിത്തന്ന ഉപാദിത്തന്ന ഗസ്ഥ്രാജകാദി ശബ്ദദർശന ഗൃഹസ്ഥിതി പരിപ്രാജ തക്ഷണാദി നിമിത്തോപാദാനാവിഗ്രഹസ്ഥ പരിപ്രാചക ആശ്രമ വിശേഷ വിശിഷ്ട ജാതിമതിജേതി ആ ശബ്ദങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പൂർവക്ഷി പറഞ്ഞു രൂഢ ശബ്ദം നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല അനാദിയായി ശബ്ദത്തിന് ആ അർത്ഥമാണ് ശബ്ദത്തിന്റെ വിപത്തിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പാചകൻ പാകം ചെയ്യുന്നവൻ എന്ന് പറയുന്ന പോല എന്താണോ നിമിത്തത്തെ ആശ്രയിക്കുന്നു ആ ശബ്ദം പാകക്രിയ എന്ന് പറയുന്ന ഒരു നിമിത്തത്തെ ആശ്രയിച്ച ഒരു വ്യക്തിയിൽ പാചക ശബ്ദം പ്രയോഗിക്കുന്നു രൂഢ ശബ്ദം അങ്ങനെയല്ല അവിടെ അത് ഏത് ധാതു നിന്നുണ്ടായി ഏത് പ്രത്യയം വന്നു എന്താണ് അവിടുത്തെ ശബ്ദപ്രക്രിയ ഇതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടത് ശബ്ദ രൂഢ ശബ്ദങ്ങളാണ് ജവപരാഹാദി ശബ്ദങ്ങൾ അങ്ങനെയാണ് നിമിത്ത നോപാതത്തെ വിത്പത്തി ആശ്രയിക്കുന്നില്ല അത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിത്പത്തി ചിന്തിക്കണമെന്നില്ല എന്തുകൊണ്ടാണ് ശബ്ദത്തിന് വന്നു അത് ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല എന്തുകൊണ്ട് അതങ്ങനെയാണ് അനാദികാലമായി ആ ശബ്ദം അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നറിഞ്ഞാൽ മതി അത് മാത്രമല്ല എൻ്റെ വിത്പത്തി കുറിച്ച് ചിന്തിച്ചാൽ അർത്ഥം കിട്ടത്തുമുണ്ട് ഗോശബ്ദം ഗമധാതയിൽ നിന്നാണ് ഗോ ശബ്ദം ഉണ്ടായത് അതിന്റെ അർത്ഥം എന്താണ് ഗച്ഛതി ഗച്ഛതി ഇരി ഗോവെന്ന് പറയാൻ കഴിയില്ല വിത്പത്തിയിൽ നിന്ന് അർത്ഥം കണ്ടത്തില്ല കാരണം ഗമിക്കുന്നത് ഗോ മാത്രമല്ല എല്ലാ ജീവികളും ഗമിക്കുന്നുണ്ട് അപ്പം ഗച്ഛതി ഇരി ഗവെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏത് ശബ്ദം കണ്ടാലും അതിൻ്റെ വിത്പത്തി എന്താണ് അങ്ങനെ എങ്ങനെ അർത്ഥം കിട്ടി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മതി ആണ് രൂഢശബ്ദ നിമിത്തനോ വാദത്തെ എന്ന് പറഞ്ഞല്ലോ പറഞ്ഞത് ശരിയാണ് ഇത് തന്ന പക്ഷെ അത് ശരിയല്ല എന്തുകൊണ്ട് ഗൃഹസ്ഥ തക്ഷപരിപരാജകാദി ശബ്ദദർശനം ചില സ്ഥലങ്ങളിൽ അത് ശരിയാണ് പക്ഷെ സർവത്ര അങ്ങനെയല്ല രൂഢശബ്ദങ്ങൾ ചില സ്ഥലങ്ങളിൽ അർത്ഥത്തെ സ്വീകരിക്കും ഉദാഹരണം ഗ്രഹസ്ഥൻ എന്താണ് ഗ്രഹസ്ഥിതി ആശ്രയിച്ചിട്ടാണ് ഗൃഹധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവൻ ഗ്രഹസ്ഥൻ തക്ഷൻ തക്ഷണം ആശാരിയുടെ ജോലി അത് ചെയ്യുന്നവൻ തക്ഷൻ പരിപ്രാചകൻ പ്രചനം ചെയ്യുന്നവൻ സർവോപേക്ഷിച്ച് സഞ്ചരിക്കുന്നവൻ കർമ്മത്തെ ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നവൻ ഇതന്നെ രൂഢ ശബ്ദങ്ങളാണോ അതേസമയം വിത്പത്തി ആശ്രയിക്കുന്നുണ്ട് യോഗരൂഢി എന്ന് പറയും പങ്കജ ശബ്ദം പോലെ പങ്കാദ് ജാത് പങ്കത്തിൽ നിന്നുണ്ടായത് പങ്കജെന്ന് പറയുമ്പോൾ താമര മാത്രമല്ല പങ്കത്തിൽ പലതും ഉണ്ടാവും പക്ഷേ യോഗ ശബ്ദ അർത്ഥമനുസരിച്ച് പങ്കത്തിൽ നിന്നുണ്ടായത് പക്ഷേ അത് രൂഢവുമാണ് അതിനങ്ങനെ വേദിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പറയുന്നുവരുടെ ശബ്ദങ്ങൾ ചിലപ്പോ ചില ശബ്ദങ്ങൾ ഇങ്ങനെയുള്ള അർത്ഥത്തെ സ്വീകരിക്കുന്നു വിപത്തി സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയാകാം അതുകൊണ്ട് ഗൃഹസ്ഥ തക്ഷ പരിഭ്രാജകാദി ശബ്ദ ദർശന ഗൃഹസ്ഥിതി പ്രവ്രജ്യ തക്ഷണാദിനിമിത്തോപാദാന ഇങ്ങനെയുള്ള നിമിത്തത്തെ ആശ്രയിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മസംസ്ഥൻ പരിപ്രാജകനാണ് പരിപ്രാജകനെന്ന് പറഞ്ഞാൽ അവിടെ ഗൃഹസ്ഥനെന്ന് പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഗൃഹസ്ഥന ജ്ഞാനി എന്ന് പറയാം പക്ഷെ പരിപ്രാജകനെന്ന് പറയാൻ കഴിയില്ല പരിപ്രാജകവും അതുകൊണ്ട് ഗൃഹസ്ഥ ശബ്ദം പരിപ്രാജക വിശേഷം എന്ന ഒരു വിശേഷ ആശ്രമത്തെ സൂചിപ്പിക്കുന്നു വിശിഷ്ടജാതി മതിച്ച തക്ഷ തക്ഷശബ്ദം ഒരു വിശിഷ്ടജാതി കാണിക്കുന്ന ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണിക്കുന്നു ദക്ഷ ശബ്ദം നിരൂഢാ ദൃശ്യന്തി ശബ്ദ അങ്ങനെ ശബ്ദങ്ങൾ രൂഢമാണ് അതായത് രൂഢ ശബ്ദം നിമിത്തത്തെ ആശ്രയിക്കാമോ ഇതാണ് പല പല കാര്യങ്ങളെക്കുറിച്ചും വിവാദം നിലകുന്നത് ഉദാഹരണം ബ്രാഹ്മണ ശബ്ദം ബ്രാഹ്മണ ശബ്ദം ഒരൂഢശബ്ദമാണ് അത് വിത്പത്തി ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നു എന്ന് പറയുന്നിടത്താണ് ജന്മം കൊണ്ടാണ് ജാതി എന്ന് പറയുന്നത് അവിടെയാണ് അതിന് ജന്മം കൊണ്ടാണ് ജാതി നിശ്ചയിക്കേണ്ടതെന്ന് പറയുന്നിടത്ത് ആ ജന്മജാതിവാദികൾ പറയുന്നത് എന്താണ് ബ്രാഹ്മണശബ്ദം ഒരൂഢമാണ് അത് പ്രത്യേക ജാതിയിൽ അനാദിയായി പ്രയോഗിക്കുന്നു ഗൗ യവരാഹ ശബ്ദങ്ങളെ പോലെയും അല്ല അത് കർമ്മം കൊണ്ടാണെന്ന് പറയുന്നവര് ഇപ്പോൾ ഭാഷ്യകാരം പറഞ്ഞ പക്ഷത്തെ സ്വീകരിക്കും എന്താണോ അത് യൗകികമായി സ്വീകരിക്കും പക്ഷെ ഭാഷകാരം കൂടെ രണ്ടും കൂടെ ചേർത്തു അത് യോഗവുമാണ് രൂഢവുമാണ് യോഗരൂഢം എന്നുള്ള പക്ഷത്തെ സ്വീകരിക്കുമ്പോൾ എന്തൊരും ബ്രാഹ്മണ ജാതിയിൽ ജനിക്കണം എന്നാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്നാൽ ബ്രാഹ്മണനായി അത്രയും സ്വീകരിക്കും യൗഗികം എന്ന് തോന്നുകഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മജ്ഞാനമുള്ളവനാഗ്രഹം അവൻ ബ്രാഹ്മണൻ അതിന് അതിന് ജാതിയെ ആശ്രയിക്കും ശുദ്ധ യൗഗികമാണോ അങ്ങനെ വരും ഇത് ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ബ്രാഹ്മണി അപ്പം ഈ വാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഈ ശബ്ദാളത്തെ ചിന്തയാണ് അത് യോഗമാണോ രൂഢമാണോ യോഗരൂഢമാണോ യോഗികൂഢമാണോ അങ്ങനെ പലതരത്തിൽ പറയും അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ശബ്ദത്തിന് യോഗരൂഢിയെ സ്വീകരിച്ചില്ല എന്നാ എത്ര എത്ര താനേ നിമിത്താനേ അതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഇവിടെ പരിപ്രാജകനെന്ന് പറയുമ്പോൾ വിൽപ്പത്തി ആശ്രയിക്കുന്നു എന്നാൽ ദുരൂഢവുമാണ് ഏതൊരു പരിപ്രാചകനാണോ ബ്രഹ്മസംസ്ഥൻ സർവകർമ്മങ്ങളെയും ത്യജിച്ച് പരിപ്രാജകനായിരിക്കുന്നത് അയാള് മാത്രമേ പറയാമൂ മറിച്ച് എത്രയെത്ര തനി നിമിത്താന് തത്ര തത്ര നടത്തണ്ടേ ഗൃഹസന്ധതയിരിക്കുന്നു അത് പറയും ഗൃഹസ്ഥനും ജ്ഞാനം ഉണ്ടാകാം എന്ന് പറയാം ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗൃഹസ്ഥനും ജ്ഞാനമാകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ ബ്രഹ്മസംസ്ഥനെന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് അവിടെ നിമിത്തമുണ്ട് ജ്ഞാനം പക്ഷെ അവിടെ ഇല്ല എന്തുകൊണ്ട് ഗൃഹസ്ഥൻ ശബ്ദം അവിടെ അതിൽ രൂഢ രണ്ടും വേണം യോഗവും വേണം രൂഢവും വേണം ഇത്തത്വം വേണം രൂഢവുമായിരിക്കും ഗൃഹസ്ഥിതിയെ ആശ്രയിച്ചായിട്ടാണ് ഗൃഹസ്ഥ ശബ്ദം വരുന്നത് അതുകൊണ്ട് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്ന നിമിത്തം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കില്ല പ്രസിദ്ധി അഭാവമാണ് എന്ന് പറഞ്ഞാൽ രൂഢ പ്രസിദ്ധി എന്ന് പറയുന്നത് രൂഢിയാണ് ബ്രഹ്മസംസ്ഥനും ഗൃഹസ്ഥനും രൂഢമല്ല അത് പരിപ്രാജകനിലാണ് രൂഢമായിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാണ് പരിവ്രാജകനെ ബ്രഹ്മസംസ്ഥൻ പരിവ്രാജകനെ മാത്രമേ അത് ഭാഷകാര് സ്വീകരിക്കൂ ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടെങ്കിലും അല്ല അപ്പൊ ഗൃഹസ്ഥൻ ഞാനുണ്ടായാലും പരിവ്രാജകനാകണം അപ്പൊ ബ്രഹ്മസംസ്ഥാനാകും അതും പറയുന്നു ഒരാൾ ഗൃഹസ്ഥൻ ആണ് ഞാനം ഉണ്ടായി ും സന്യാസലക്ഷണം ഞാനുണ്ടെങ്കിൽ പരിവരാജകനായി തീരും ഇക്കാര്യത്തിൽ ഭാഷകാരന് നിർബന്ധമാണ് സംഭവിക്കണമെന്നാണ് തഥാഹാബി ബ്രഹ്മസംസ്ഥ ശബ്ദവും നൂർത്ത സർവകർമ്മന പരിഭ്രാട് ഏകവിഷയ അത്യാശ്രമിണി പരമഹംസാക്ഷിയെ ി ഭവിതം അർഹതി അതുകൊണ്ട് ഇഹാബി ഇവിടെയും ഇവിടെ ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മസംസ്ഥ ബ്രഹ്മസംസ്ഥൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ഈ ശബ്ദം ഇവിടുത്തെ സർവകർമ്മ താധന സർവകർമ്മങ്ങളെയും അതിന്റെ സാധനകളെയും ഉപേക്ഷിച്ചവൻ നടത്തി സർവകർമ്മങ്ങളെ അപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അഭിനവത്തിലത് കർമ്മങ്ങളെ അപേക്ഷിക്കുക അതിൻ്റെ സാധനങ്ങൾ എന്താണ് ഭാര്യ വിത്തം തുടങ്ങിയതാണ് അതിൻ്റെ സാധനം പുത്രൻ ഇതല്ല അതിൻ്റെ ഏഷണ ഇതെല്ലാം അതിൻ്റെ സാധനങ്ങളായിട്ട് വരും ഫലത്തെക്കുറിച്ചുള്ള ഏഷണകൾ ഇതാണ് അതിൻ്റെ സാധനങ്ങൾ കർമ്മത്തെയും അതിന്റെ സാധനങ്ങളെയും ഉപേക്ഷിച്ചവൻ ഇത് കൊടുത്ത സർവകർമ്മത്തെ പരിപ്രാട്ട് ഗൃഹത്ത് ഉപേക്ഷിച്ചതിന് തീരണം എന്നാലേ ബ്രഹ്മസംസ്ഥാനാവൂ അതാണ് സന്യാസിയ ഏകവിഷയേ അത്യാശ്രമിനി അത്യാശ്രമി എന്ന് പറയുന്നത് പരിപ്രാട് എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്താണ് ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് അതുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു തപസ്സിക്ക് ശേഷം എന്നെ അവിടെ പറഞ്ഞു സന്യാസം എന്ന് വരുന്നൊരാശ്രമധർമ്മം ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്ന കാരണം അവിടെയും അയാൾക്ക് കർത്തവ്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു അത്യാശ്രമി ആശ്രമത്തെ അതിക്രമിച്ച എല്ലാ ആശ്രമവും ബ്രഹ്മചര്യം ഗർഭസ്ഥ്യും മാനപ്രസ് സന്യാസം അത് അതെന്താണതാണ് പരമഹംസാക്ഷി പരമഹംസൻ എന്ന് പറയുന്നതാണ് അത്യാശ്രമികൾ അത്യാശ്രമി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരാശ്രമല്ലോ അത് സന്യാസാശ്രമം അതല്ല കൂടെ ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ് അവിടെയും ധർമ്മങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു അതിന് അതിനൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അയാൾ സർവ്വകർമ്മങ്ങളെ ഉപേക്ഷിച്ച പരിഭ്രാജനായി അല്ല അതുകൊണ്ട് പറയുന്ന ഇവിടെ പറയുന്നത് സർവകർമ്മ സന്യാസിയായ പരിപ്രാചകനാണ് പരമംസാക്കിയ വൃദ്ധ അതിൽ രൂഢമാണ് ഏത് ബ്രഹ്മസംസ്ഥർഹതി അതുകൊണ്ട് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ സന്യാസി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നും മറ്റും പറയും പല ഭാഗങ്ങളും പറയും സന്യാസത്തിൻ്റെ ഫലം ബ്രഹ്മചര്യത്തിന്റെ ഫലം എല്ലാം ബ്രഹ്മലോക പ്രാപ്തിയാണെന്നും മറ്റും പറയും അപ്പം അവിടേക്ക് എന്താണോ അവിടെ സന്യാസം എന്ന് പറയുന്നത് സന്യാസ ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ് അതാണ് നമൃത്വം വേദി മോക്ഷത്തെ പ്രാപിക്കുന്നെന്ന് പറയുമ്പോൾ അത്യാശ്രമിയാണ് നമ്മളുദ്ദേശിക്കുന്നത് പരിപ്രാചകനായ അത്യാശ്രമം അപ്പോൾ അത് പരിവേചനത്തോടു കൂടിയേ അത്യാശ്രമത്തെ ഭാഷകാരം സ്വീകരിക്കുന്നുള്ളു സന്യാസാശ്രമത്തിൽ അങ്ങനെയല്ല സന്യാസാശ്രമത്തിൽ പലതരത്തിലുള്ള ഭേദങ്ങളെക്കുറിച്ച് പറയുന്നു പ്രത്യേക ധർമ്മനിഷ്ഠയോടു കൂടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിത രീതി അനുസരിച്ച് ചില ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും ചിലരുടെ മറ്റു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കാം എന്തുവാ അതിനനുസരിച്ചുള്ള ഫലം അവർക്കുണ്ടാവും അമൃതത്വമല്ല ഭരണികർഭലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങളുണ്ടാകാം സന്യാസിക്ക് ഉപാസന ഫലമായിട്ട് അതാണ് സന്യാസി സൂര്യമണ്ഡലത്തെ ഭേദിക്കുന്നു യോഗി സൂര്യമണ്ഡലത്തൊക്കെ ഭേദിക്കുന്നു എന്നൊക്കെ മഹാഭാരതത്തിനും മറ്റും പറയുന്നത് അതെല്ലാം ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നവരെ കുറിച്ച് പറയുന്നു ഇവിടെ അതല്ല സാധാരണഗതിയിൽ എന്താണ് ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള പ്രഭവചനം അല്ലെങ്കിൽ ഗാർഹസ്ഥത്തിൽ നിന്നുള്ള പ്രഭവചനം എന്നെല്ലാം പറയുന്നത് ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്ന അതാണ് സാധാരണ പറയുന്നത് അവിടെ അനുഷ്ഠേയമായ പലതും ഉണ്ട് വ്രതങ്ങൾ വയ്ക്കാൻ അനുഷ്ഠിക്കുന്നു ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് അവിടെ സർവധർമ്മത്തെയും പരിചയച്ചവൻ പറയുന്നു നമ്മളെ ഫലശ്രവണ അതശ്ച ഇതമേവേകം വേദോക്തം പാരു അതുകൊണ്ട് ഇതാണ് വേദോക്തമായ പരുവ്രാജ്യം എന്താണ് അത്യാശ്രമി പരമഹംസൻ ാണ് യജ്ഞോപവീത ത്രിദണ്ഡ കമണ്ടല്ലു ആദ്യ പേരിക്കില്ല സ്മൃതികളിലും മറ്റും പരിഭ്രജനത്തെക്കുറിച്ചും അല്ലെങ്കിൽ സന്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ പറഞ്ഞെങ്കിലും അവിടെ ഉപാധികൾ എല്ലാം വച്ചിട്ടുണ്ട് യജ്ഞോപേതം ധരിക്കുക ത്രിദണ്ഡത്തെ ധരിക്കുക കമണ്ടലും മറ്റും സ്വീകരിക്കുക ഒരു ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക അവിടെയുള്ള പരിഗ്രഹം അവിടെ കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചെങ്കിലും കാമ്യകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിലും നിത്യകർമ്മവും മറ്റും അനുഷ്ഠിക്കുന്നുള്ളൂ അനുഷ്ഠേയമായ അവർക്കൊണ്ട് എന്ന ചെയ്യണം അല്ല ഇപ്പോൾ ഒരാള് എന്ന് പറയുന്നു അത് ആശ്രമധർമ്മത്തെ സ്വീകരിക്കും ഗുരു ഒരു ഉപദേശിക്കുന്നു ഒരു ഉപാസനാ പദ്ധതി നിർദ്ദേശിക്കുന്നു അപ്പോൾ അതിന് സഹായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നു അതാണ് യജ്ഞവും വേദം ത്രിദണ്ഡം കമണ്ടലും എല്ലാം അവിടെയൊക്കെ ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നും പല സന്യാസ സമ്പ്രദായങ്ങളും സന്യാസത്തിൽ തന്നെ ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട് അത് അത്യാശ്രമമല്ല പരമഹംസ പദവിയല്ല അത് പരമഹംസൻ എന്നെല്ലാം പേരിനോടു കൂടി ചേർക്കും അതല്ല പരിപരാജകൻ എന്നെല്ലാം പേരിനോടു കൂടി ചേർക്കും പക്ഷെ പരിഭ്രജനമല്ലാതെ ഭക്ഷിക്കാരൻ ഉദ്ദേശിക്കുന്നത് ആ തത്വജ്ഞാന നിഷ്ഠയിൽ വരുന്ന സർവ്വകർമ്മത്യാഗം ആ തത്വജ്ഞാന നിഷ്ഠയിൽ മാത്രമേ ആ ത്യാഗം സംഭവിക്കത്തോണ്ട് ആ തത്വജ്ഞാന നിഷ്ഠ വരാത്തിടത്തോളം എന്തായാലും അവന് കർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുമെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യജ്ഞോപീത തെരുതലോ കമുണ്ടോ അത് ഇത് സ്മൃതികളിലും മറ്റും അന്ന് നിർദ്ദേശിച്ചിരുന്ന സന്യാസത്തെ കുറിച്ച് പറയുകയാണ് മറിച്ച് ശ്രുതി എന്ന് പറയുന്നുണ്ട് ആ പരിപ്രാജനെ കുറിച്ച് മുണ്ടോ അപരിഗ്രഹോ അസംഖനാണ് എന്ന് പറയുമ്പോൾ എന്താണ് യജ്ഞോപീതം തുടങ്ങിയ ധർമ്മത്തിന്റെ ചിഹ്നങ്ങളെ സ്വീകരിച്ചിട്ടില്ല ധർമ്മത്തിന്റെ ചിഹ്നമാണ് യജ്ഞോപീതം അതിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കാണിക്കേണ്ടി സന്യാസി ആയാലും ശരി ആണ് ആ ധർമ്മം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ പിന്നെ യജ്ഞോപീതത്തിന്റെ ആവശ്യം മുണ്ടഹ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ ധർമ്മചിഹ്നങ്ങളും ഒരു ബാധ്യതയില്ല അതിനുവേണ്ടിയിട്ടാണ് സന്യാസിമാര് മുണ്ടനം ചെയ്യുന്നത് യജ്ഞോപവീതാദികളെ സ്വീകരിച്ച് മാത്രം ചെയ്യേണ്ട കർമ്മം ഗായത്രി യജ്ഞോപീതം കൂടാതെ ജീവിക്കാൻ സാധ്യത അ നിത്യകർമ്മത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഗായത്രി ഉപേക്ഷിക്കുന്നു യജ്ഞോപീതം ഉപേക്ഷിച്ചാൽ അയാൾ ഗായത്രി ഉപേക്ഷിക്കുന്നു നിത്യകർമ്മ അതാണ് സന്യാസി ദായത്രി ഉപേക്ഷിക്കാൻ വേണ്ടിട്ടാണ് യജ്ഞോ ഉപേക്ഷിക്കുന്നത് നിത്യകർമ്മത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് പറയുന്നു യജ്ഞോപാദിത്തം തുടങ്ങിയ ഉപേക്ഷിക്കുന്നതിനാണിവിടെ മുണ്ടൻ എന്ന് പറഞ്ഞിരിക്കും അല്ലാതെ ഇന്നത്തെ സ്വാമിമാരുടെ സ്റ്റൈലല്ല മുണ്ട എന്ന് പറയുന്നു ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ സ്വാമിമാരുടെ മുണ്ടനുറയുന്നു അതെന്റെ കൂടെ പറയുന്നു അപരിഗ്രഹം അപരിഗ്രഹം പറഞ്ഞാൽ കമണ്ഡലും ത്രിദണ്ഡം ഇന്നും ചില സന്യാസി സമ്പ്രദായത്തിൽ സ്വീകരിക്കുന്നുണ്ട് ത്രിദണ്ഡവും അതന്നും ഉണ്ടായിരുന്നു സന്യാസം മുമ്പും ഉണ്ടായിരുന്നു മനസ്സൃതിയിലും മറ്റും പറയുന്നുണ്ട് അപരിഗ്രഹൻ കമണ്ടിന് വരെ അവള് സർവപേക്ഷിക്കുന്നു പക്ഷെ ഇതെല്ലാം സന്യാസാശ്രമത്തിൽ ആകാം ഇവിടെ പറയുന്നതെല്ലാം പരമഹംസ സ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത് ആശ്രമത്തിലുള്ള ഒരാൾക്ക് സൗകര്യം പോലെ എന്താണ് അവരവരുടെ സൗകര്യം പോലെ ആവാസ ഓൻ അസംഘനായിരിക്കുന്നു ഒന്നിനോട് സംഘമിൻ്റെ ആദരിക്കുന്നു അത് ഗൃഹസ്ഥന്റെ സംഘം പോലെയല്ല അസംഖഅത് പോലെയല്ല ഗൃഹസ്ഥനും പറയും അസംഘനാണ് പക്ഷെ എല്ലാം സ്വീകരിക്കും ഭാര്യയും മക്കളും എല്ലാം വേണം പക്ഷെ അസംഘനാണ് ഇവിടെ അതെല്ലാം അസംഗനെന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ഇല്ല ഒരു തരത്തിലുള്ള ബന്ധനവുമില്ല ഞാൻ തത്വജ്ഞാനിയെക്കുറിച്ച് പറയണം ഇതിലേക്ക് അവസാനം എന്ന് പറയുന്നതാണ് സർവബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഒരു പരിധിവരെ എല്ലാം ബന്ധനമാണ് സർവബന്ധനത്തിൽ നിന്നും മോചിക്കണമെങ്കിൽ ആ പരമോംസവ തത്വജ്ഞാനം കൊണ്ടേ സത്യം ഒരാൾ ഇതിനെല്ലാം മരിച്ചെറിഞ്ഞെന്ന് വിചാരിച്ചത് സാധ്യമല്ല തത്വജ്ഞാനത്തിൽ ഇതെല്ലാം പോയാൽ അസന്ധനാകും ഇതാണ് പരമഹംസം അങ്ങനെയുള്ള പരിവ്രചനം അതാണ് ബ്രഹ്മസംസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ് എന്നാണ് ഭാഷകാലം പറയുന്നത് ശ്രുതിര് അത്യാശ്രമഭ്യ പരമം പവിത്രം ഇത്യാദിജാ ശേദാശ്വതരിയെ ശ്രീധരന്റെ പറയുന്നുണ്ട് എന്താണോ ഇത് പ്രോവാചത്യാശ്രമികൾക്കായി പരമപവിത്രമായി ജ്ഞാനത്തെ ഉപദേശിച്ചു എന്നും മറ്റും പറയുന്നുണ്ട് നിസ്തുറി നമസ്കാരം ഇത്യാദി സ്മൃദ്ധ്യ മണ്ഡുക്യത്തിൽ കരിക എന്ന് പറഞ്ഞു നിസ്തുറി നമസ്കാരം എന്നുള്ള നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതെല്ലാം പറയുന്നത് ആ പരമഹംസസ്ഥിതിയെ കുറിച്ചാണ് തസ്മന കുറുവന്തി ഭാഷ്യകാരം പല സ്ഥലത്തും ഉദ്ധരിക്കുന്നുണ്ട് യഥയോ പാരദർശിനഹ അവർ കർമ്മന കുറുവന്തി ഇതിനെ കൊണ്ടെത്തിക്കണം അതാണ് ഭാഷകാരന്റെ താല്പര്യം കർമ്മങ്ങളിൽ നിന്നും മോചിപ്പിക്കുക ആത്യന്തികമായി പക്ഷെ അത് ആ പരമഹിംസ പദവിയിലെ ആ കർമ്മത്യാഗം സംഭവിക്കത്തുള്ളൂ എന്നും ബോധിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു സന്യാസിക്ക് കർമ്മം വേണ്ട എന്നൊരു മുൻ ധാരണ സന്യാസിയായ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല അതിനെ കുറിച്ചവിടെ ഇത് പറയുന്നുണ്ട് ഇന്നത്തെ സന്യാസിമാരുടെ കാര്യം തസ്മാദ് അലിംഗോ അധർമ്മജ്ഞ അവ്യക്തൃ സ്മൃതി പറയുന്നുണ്ട് അലിംഗൻ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ കാണിക്കുന്ന അടയാളങ്ങളൊന്നും ബ്രഹ്മചാരി യജ്ഞ വീതം തുടങ്ങി ധരിക്കുന്നു ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമധർമ്മത്തെ കാണിക്കുന്ന ടയാളങ്ങൾ ആണ് സ്വീകരിക്കുന്നു യജ്ഞീതം പോലെയുള്ള കാര്യങ്ങൾ ഭാര്യ തുടങ്ങി സന്യാസി ആശ്രമധർമ്മത്തെ കാണിക്കുന്നതിനുള്ള അടയാളങ്ങൾ സ്വീകരിക്കുന്നു പക്ഷെ ഇവിടെ എന്താണ് അലിംഗ അങ്ങനെ ഒരു അടയാളമില്ല പരിപ്രാചകനും ഇന്നത് വേണമെന്നില്ല കവി വസ്ത്രം വേണമെന്നില്ല കണ്ണമുണ്ടലം ചെയ്യണമെന്നില്ല കമ്മുണ്ടല് വേണമെന്നില്ല രുദ്രാക്ഷന്മാരെ വേണമെന്നില്ല അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അലിംഗൻ എന്ന് പറയുന്നത് പക്ഷെ കർമ്മത്യാഗം ഉണ്ടായിരിക്കും പരിഭ്രാജന അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തു പരിപ്രാജകനായ പിന്നെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല വീട്ടിലിരുന്ന ഗ്രഹസ്ഥനായി ധർമ്മം ചെയ്യണം വീട്ടിലിരിക്കാനോ രണ്ടും കൂടെ സാധ്യമല്ല പരിഭ്രാജനാകുക വീട്ടിലിരിക്കുക സാധ്യമല്ല അധർമ്മജ്ഞർമ്മജ്ഞാതവ അല്ല എന്നറി ധർമ്മജ്ഞാതവാരാണ് മീമാസകം പൊതുവെ മീമാംസകനം ഞാൻ യാഗാവധി ധർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു ഇതങ്ങനെയുള്ളവനല്ല അവ്യക്തലിംഗ പ്രത്യേകിച്ച് അവനൊന്നിനെയും വ്യക്തമാക്കുന്നില്ല ഞാനിന്നെ ആശ്രമത്തിൽപ്പെട്ടവനാണ് എന്നവൻ അതിനു വേണ്ടിയിട്ടാണ് ഇവർ സ്വീകരിക്കുന്നത് സന്യാസം സ്വീകരിക്കാമെന്ന് പറയുന്നു ഗുരുസന്യാസം കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് അത് അവ്യക്തലിംഗമല്ല വ്യക്തമാണ് അവന് അടയാളമുണ്ട് എന്നതാണ് കാവ്യ അവൻ്റെ അടയാളമായിരിക്കുന്നു രുദ്രാക്ഷം അടയാളമായിരിക്കുന്നു അതൊക്കെ അടയാളമായിട്ട് വ്യക്തലിന്ദൻ എന്തുകൊണ്ട് അതൊരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നുണ്ട് അതിന് ഉപയോഗങ്ങളുണ്ട് ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തിരിച്ചറിയണം നിന്നധർമ്മത്തെ പിന്തുടരുന്നവനാണോ സന്യാസധർമ്മത്തെ പിന്തുടരുന്നവനാണോ അമാർഗത്തെ സഞ്ചരിക്കുന്നവനാണോ അതല്ല ഇവിടെ പറയുന്നു അംബിക്തലിംഗ് അവനങ്ങനെയുള്ള ബാഹ്യമായ പ്രകടമായ അടയാളങ്ങളൊന്നുമില്ല ഇത്യാദി സ്മൃതി സ്മൃതികളെല്ലാം എന്ത് പറയുന്നു പരമഹംസനെ പറയുന്നു അപ്പോൾ അവിടെ ഒറ്റ കാര്യം മാത്രം ജ്ഞാനനിഷ്ഠ അതിൽ സംഭവിക്കുന്ന പരിപ്രചനം വേറെ ഒരടയാളമുണ്ട് ഇതാണ് സന്യാസത്തെക്കുറിച്ച് പരമാവധി പറയാനുള്ളത് എത്ര സാഖീഹി കർമ്മത്യാഗോ അഭ്യഗമ്യത്തെ ഈ സന്യാസമെന്ന് പറയുന്നത് ശങ്കരാചാര്യക്ക് മുൻപും കൊണ്ടായിരുന്നു സാഖ്യന്മാർക്കും അനുയായികന്മാർക്ക് എന്തിനു ചർവാകന്മാർക്ക് വരെ സന്യാസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നു സന്യാസിമാരുണ്ടല്ലേ അപ്പോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സന്യാസി സംഖ്യന്മാരും കർമ്മത്യാഗ്യം അവരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നു അതും താങ്കൾ പറയുന്നു തമ്മിലെന്താ വ്യത്യാസം ക്രിയാകാരക ഫലഭേദ ബുദ്ധേഹി സത്യത്വ അഭ്യൂമ തന്മൃഷ അവരുടെ സന്യാസവും വരുന്നത് കേവലൊരു ഭ്രാന്തിയാണ് എന്തുകൊണ്ട് ആ ബ്രഹ്മസംസ്ഥിതി അതിനുള്ള പരിപ്രചനം അത് സാധ്യമല്ല എന്നു എന്നൊരു മൃതാഭിമാനം എന്ന് പറയുന്നുണ്ട് ദമ്പീന ഗൃഹീത ലിംഗം ആശ്രമിത്വം ഇന്നത്തെ സന്യാസമെന്ന് പറയുന്ന അതാണ് സന്യാസത്തിൻ്റെ പിന്നിലുള്ള ഒരു ദമ്പാണ് പൊങ്ങച്ച ഞാൻ ദിവ്യനാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എനിക്ക് പല മഹത്വങ്ങളും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വേഷഭൂഷകളൊക്കെ പണിഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് ഇന്നത്തെ സന്യാസം പിന്നെ കാണുന്നവരല്ല എനിക്ക് എൻ്റെ ഫാദ നമസ്കാരം ചെയ്യണം എനിക്ക് ദക്ഷിണ തരണം എന്നെ ബഹുമാനിക്കണം ഭക്ഷണം തരണം ഇതൊക്കെ എൻ്റെ അവകാശമാണ് ഈ ഭാവനയിൽ ദമ്പേന ഗ്രഹീതം ഞാൻ പറയുന്നതുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ദീർഘസന്യാസം ആശ്രമ സന്യാസം അതിനുള്ളതല്ല അപ്പോ ലോകപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ട് സന്യാസിമാരുടെ സന്യാസം എന്ന് പറയുന്നത് ലോകപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടുള്ളവർ ബഹുമാനിക്കുമെന്ന് വിചാരിച്ച് അത് അവകാശമാണ് എന്തുകൊണ്ട് ദമ്പീന ഗൃഹീതം ലിംഗം ആശ്രമിത്വം അതാണ് ആശ്രമിത്വത്തെ പ്രകടമാക്കുന്നു അതുകൊണ്ട് ചില സൗകര്യങ്ങളൊക്കെ അത്രയേ ഉള്ളു അത് പ്രയോജനമുള്ളതല്ല മിർഷം പറയുന്നത് ഒരു ഭ്രാന്തി മാത്രം ഈ വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ എന്തോ ക്ഷേമത്തോണെന്ന് വിചാരിക്കുന്നത് ഒരു ഭ്രാന്തിയാണ് എന്തുകൊണ്ട് ക്രിയാകാരക ഫലഭേദ ബുദ്ധേഹി സത്യത്വം അവർക്ക് ഈ ക്രിയാകാരക ഫലഭേദ രൂപത്തിലുള്ള ഈ സംസാരം സത്യമായിട്ട് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണല്ലോ ഈ അഭിമാനം സന്യാസിയുടെ ആ പൂജ്യത അഭിമാനം എന്ന് പറയുന്നത് എന്താണ് ഈ ദേഹത്തിലുള്ള അഭിമാനമാണ് ഈ വേഷമൊക്കെ എവിടെയാണിയിച്ചിരിക്കുന്നത് ഈ ശരീരത്തിലാണ് സന്യാസം എന്ന് പറയുന്നത് എവിടെയാണ് കാണിക്കുന്നത് ആൾക്കാർ കാണിക്കുന്നത് പെയിന്റടിച്ച് കാണിക്കുന്നത് എന്തിനാണ് ഈ ശരീരത്തെയാണ് അപ്പം ശരീരത്തിൽ അഭിമാനിച്ചിട്ടാണ് പറയുന്നത് എന്താണ് ഞാൻ സന്യാസിയാണ് എന്നെ ബഹുമാനിച്ചോണം അർത്ഥശൂന്യമായ കാര്യമാണ് അങ്ങനെ സ്വന്തം അഭിമാനം കൊണ്ട് ഒരു വ്യക്തിയിൽ എന്താ പൂജ്യത വരുന്നു താൻ ഒരു ധർമ്മത്തെ സ്വീകരിച്ചെന്ന് പറഞ്ഞെങ്ങനെ ആ വ്യക്തിയിൽ പൂജ്യത വരുന്നു എന്തോ ഒരു താൻ പൂജ്യനാണെന്നുള്ള ചിന്ത തന്നെ ഏറ്റവും അധമമായ ചിന്തയാണ് ക്രിയാകാരക ബലഭേദബുദ്ധി അവിടെയിരിക്കുന്നു അതുകൊണ്ടിതൊക്കെ തന്നിൽ ആരോപിക്കുന്നു സന്യാസം അതിന് വേണ്ടിയിട്ടുള്ള അല്ല എന്നറിയുന്നുണ്ട് ആരോപിച്ചിട്ട് പൂജ്യാപൂജ്യ ചിന്ത ഒരാൾ തന്നെ താൻ പൂജ്യനാണെന്ന് കരുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെ പൂജിക്കുന്നവരെല്ലാം അപൂജ്യന്മാരാവും പൂജ്യ പൂജ്യ ചിന്ത എന്ന് പറയുന്നതാണ് വിന്യാസിക്കാതെ പാടില്ല എന്നാണ് താൻ പൂജ്യനാണെങ്കിൽ തന്നെ പൂജിക്കുന്നവരെന്തായി അപ്പൂജ്യന്മാരായി അങ്ങനെ പിന്നെ തന്നെ എന്തിനും പൂജിക്കും അവരും പൂജ്യതാണെങ്കിൽ എന്തുകൊണ്ട് അവരെ പൂജിക്കുന്നുണ്ടോ തന്നെ അവർ പൂജിക്കും പൂജ്യപൂജ്യ ചിന്ത അത് ഒക്കെ എന്താണ് ദമ്പേന ഗൃഹീതം എന്ന് പറയുന്നത് വെറും പൊങ്ങച്ചം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു അത് സത്യത്വഭ്യുമായി ഇതെല്ലാം സത്യമാണെന്ന് തരുന്നോണ്ടാണ് സംഖ്യന്മാരും മറ്റും അങ്ങനെയാണ് ഈ സന്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നത് തന്മൃഷ വെറും ഭ്രാന്തി ജന്മത്തിന് രക്ഷപ്പെടത്തില്ല വരുന്ന ജന്മങ്ങളിൽ രക്ഷപ്പെടത്തില്ല ഭ്രാന്തിക്ക് അടിമയായ അങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടത്തില്ല അത്തരം മിഥ്യാഭിമാനികൾ പ്രയോജനമില്ല ഇത് സംഖ്യന്മാര് മാത്രമല്ല അകർത്തൃത്വം അഭ്യോമ്യതേ തദഭ്യസീ ബൗദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ അനുയായികളിലെ ശൂന്യവാദികൾ ശൂന്യതാഭ്യോമ അവരും സന്യാസമൊക്കെ ആണോ സന്യാസിമാരാണോ അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നുമില്ല എന്ന് പറയുന്നു കുറെക്കവർ തത്വജ്ഞാനത്തിലേക്ക് വരുന്നുണ്ട് തതൊക്കെ അസത്താ അസംബന്ധമാണ് സത്വ അഭ്യുമറയുന്നു ഈ സ്വീകരിക്കുന്ന താൻ ശൂന്യനാണോ അല്ലല്ലോ തന്നെ സത്വത്വത്തെ സ്വീകരിക്കുന്നു എന്നിട്ട് സർവ്വവും ശൂന്യമാണെന്ന് പറയുന്നു താൻ ശൂന്യല്ല ബാക്കിയെല്ലാം ശൂന്യം ഇതൊക്കെ അസംബന്ധമാണോ സന്യാസത്തെക്കുറിച്ച് പറയുന്നു ഇതുവരെ നാട്ടുകാരുടെ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ പറയുന്നു ചോദിച്ച അജ്ഞേരീഹി അലസതയാ അകർത്തറത്തു അഭിമോമത സോഖ്യാസന് ശങ്കരായ കാലത്തുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തുള്ളവരുള്ള സന്യാസിന് എന്താണ് അജ്ഞേഹി അവർക്ക് സർവാധാരമായിരിക്കുന്ന എന്താണ് അവരുടെ അജ്ഞാനം വിവര കേട് എന്തുകൊണ്ട് സന്യാസിയായി അലസതയ അലസത കൊണ്ട് ജോലിയിൽ ജീവിക്കാൻ വയ്യ കുറച്ചു കാലം ജോലി ചെയ്ത് അപ്പം ജോലി ചെയ്യാൻ മടിയായി അതുകൊണ്ടന്നെ ജോലി രാജിവെച്ച് സന്യാസിയായി അതുകൊണ്ട് അലസതയ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു അലസത കൊണ്ട് അജ്ഞാനം കൊണ്ട് അലസത കൊണ്ട് അകർത്തൃത്വം അഭ്യൂമ പറയുന്നത് ഞാൻ സന്യാസിയാണ് എനിക്ക് കർമ്മമില്ല എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ഗുരുവില്ല ശിഷ്യനില്ല ഇതൊക്കെ പറഞ്ഞ് കണ്ടിത്തിരിയുന്നവരാണ് ഈ പറയുന്നത് അവരുടെയൊക്കെ അടിസ്ഥാനം എന്താണ് കേവലം അനസത അതും അസംബന്ധമാണോ അപ്പൊ ശങ്കരാചാര്യർ ഒരിക്കലും ഗ്യാലസ്വ സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് പാടലെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൾക്കാർ കുറയും ഭാരതത്തിൽ ഇത്രയും ലക്ഷക്കണെങ്കിൽ സന്യാസിമാര് പെരുകിയും ശങ്കരാചാര്യരാണ് ഉത്തരവാദി എന്ന് പറയും അതിന് ശങ്കരാചാര്യ ഉത്തരവാദിയല്ല ആലസനോട് സന്യാസിക്കാൻ ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല അസംബന്ധമാണ് എന്നിവിടെ വ്യക്തമായി പറയുന്നു സന്യാസിമാരുണ്ട് ഇങ്ങനെ തനിക്കും ലോകത്തിനും ഉപയോഗമില്ലാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നവർ ഭക്ഷണവും മറ്റു കാര്യങ്ങളും കൊണ്ട് തൃപ്തമായി അങ്ങനെ ജീവിച്ചു പോകുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി അതൃപ്തിയായി ജീവിക്കുന്നവര് അനസന്മാര് അവരെ പ്രതിയിലൂടെ സൃഷ്ടിക്കുകയാണ് അത് അസംബന്ധമാണ് സന്യാസവുമായിട്ട് അതിനൊരു ഒരു ബന്ധവുമില്ല എന്നീ സന്യാസത്തെ കുറിച്ച് സംശയം വരത്തില്ല അവര് പറയുന്നുണ്ട് നഗർതൃത്വം സന്യാസിക്ക് വിദ്യു നിഷേധങ്ങളില്ല സന്യാസിയായ പിന്നെ ഗുരുവില്ല ഇതൊക്കെയാണ് അവർ പറയുന്നത് സന്യാസിയായ കർമ്മമില്ല അതും അസംബന്ധമാണ് കാരകബുദ്ധി അനുവർത്തിതം ത്വാ പ്രമാണ പറയുന്നു പ്രമാണം കൊണ്ട് ജ്ഞാനം കൊണ്ട് ശ്രോതജ്ഞാനം കൊണ്ട് ഇവിടെ കാരകബുദ്ധി ശരീരാഭിമാനം നിവർത്തിച്ചിട്ടില്ല ഞാൻ അലസനാണ് അതുകൊണ്ട് എനിക്ക് കർമ്മമില്ലായെന്ന് പറയുന്നു ശരി നല്ല കാര്യം അവർ കർത്തൃത്വത്തെ നിഷേധിച്ചു പക്ഷെ ഭോക്തൃത്വത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല ഭോക്തൃത്വം ഉണ്ടല്ലോ എന്താണോ ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല ഇനി രണ്ട് ചേർത്താ ഭാഷകാരൻ പറയുന്നു ഇന്നത്തെ സന്യാസിമാര് പറയുന്നല്ല ഞാൻ കടത്താവല്ലോ പക്ഷെ ഭോക്താവാണ് സാങ്കന്മാരെ പോലെ എനിക്കെല്ലാം വേണം ഭക്ഷണം കൃത്യമായ സമയത്ത് വേണം മറ്റു കാര്യങ്ങളെല്ലാം വേണം സുഖ വേണം ടി വേണം മൊബൈൽ വേണം എല്ലാം വേണം പക്ഷെ കർത്താവല്ല എനിക്ക് കർത്തവ്യങ്ങൾ കടമയില്ല ലോകത്തോട് കടമയില്ല ബിരുവിനോട് കടമയില്ല ഈശ്വരനോട് കടമയില്ല ഇതെല്ലാം പറയും ഇത് അസംബന്ധമാണ് എന്തുകൊണ്ട് എന്നിട്ട് സന്യാസിയാണെന്ന് പറയും കാരകബുദ്ധിയായിട്ട് പ്രമാണില്ല അവരിൽ പ്രമാണം പ്രവർത്തിച്ചിട്ടില്ല കാരകബുദ്ധി നശിച്ചിട്ടില്ല കടുത്തത്വ ഭൃത്വ ബുദ്ധി അവരിൽ നിന്നും ഇല്ലാതായിട്ടില്ല പിന്നെ സന്യാസി അതുകൊണ്ട് താൻ പറഞ്ഞ കാര്യത്തെവിടെ അവസാനിപ്പിക്കുകയാണ് തസ്മാ വേദാന്ത പ്രമാണ ജനിത ഏകത്വ പ്രത്യേകത ഏവ കർമ്മനിവൃത്തിയ ലക്ഷണം പാരിപ്രാജ്യം ബ്രഹ്മസംസ്ഥം തസ്മാ അതുകൊണ്ട് താൻ പറഞ്ഞതിന് ഇവിടെ പ്രസംഗിക്കുന്നു ഇത് സന്യാസി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേതെങ്കിലും സന്യാസിമാരെ കാണുമ്പോൾ ഞങ്ങൾ സന്യാസി ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു അത് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ ഇത് എന്താണ് വേദാന്ത പ്രമാണ ജനത ഏകത്വ പ്രത്യേകത ആർക്കാണോ ഇത് ഉള്ളത് സ്വയം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നത് സന്യാസിമാരെ വിമർശിക്കാനോ ഏതെങ്കിലും സന്യാസിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നോ ഏതെങ്കിലും സന്യാസി കുറച്ചുകൂടെ നന്നാവണമെന്ന് പറയാനല്ല ഒരു സന്യാസി സ്വയം തിരിച്ചറിയാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ അറിയാനും സാധ്യമല്ല ആർക്കും മറ്റൊരാളിനെ അറിയാം എന്നുള്ളത് ഈശ്വരന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും വേറെ ഒരാളിനെ അറിയാൻ പറ്റത്തില്ല ഈശ്വരനറിയാം വേറെ ആർക്കും കഴിയത്തില്ല പിന്നെ അതുകൊണ്ട് നമുക്കൊരാളെ കണ്ടിട്ട് ഇയാൾ സന്യാസിയാണോ അല്ലയോ സന്യാസത്തിന്റെ യോഗ്യത ഉണ്ടോ എന്നൊന്നും ആരോ കണ്ട തിരിച്ചറിയാൻ കഴിയും പിന്നെന്തെങ്കിലും ഭ്രമാന്തമായി ധരിക്കാം ഇയാൾ യോഗ്യനാണ് ഇയാൾ അയോഗ്യനാണ് ഇതൊക്കെ കേവലം കാണുന്നവൻ്റെ ഭ്രാന്തിക്കാം പക്ഷേ അവനവന് എന്താണോ തിരിച്ചറിയാൻ പറ്റും സുസംവേദ്യം താനാരാണെന്നുള്ളത് മറ്റൊരാളോട് ചോദിക്കേണ്ടി വരത്തില്ല അതാണ് ഇവിടെ വേദാന്ത പ്രമാണ ജനിത ഏകത്വ പ്രത്യേകത അവനാണ് ഏകത്വജ്ഞാനം ഉള്ളത് ണ്ടാവും വേദാന്ത പ്രമാണ ജനിത നേരത്തെ പറഞ്ഞുള്ള പ്രമാണേന പ്രമാണം വേദാന്തമാണോ പുരുഷ പ്രമാണമാണ് പുനുഷത്വ ബോധിപ്പിക്കുന്ന അതാണ് ആ യോഗത്തെ പ്രത്യേകിച്ച് അതുള്ളവൻ കർമ്മനിവൃത്തി ലക്ഷണം പാരിപുരാജ്യം അവനിൽ മാത്രമേ ഇവിടെ പറയുന്ന കർമ്മനിവൃത്തി രൂപത്തിലുള്ള പ്രാരി പാരിപുരാജ്യം സംഭവിക്കുള്ളൂ അല്ലാത്തവന് പിന്നെ ഒരാൾക്ക് എങ്ങനെ സന്യാസിന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കാൻ ഉദ്ദേശിക്കുന്നത് സന്യാസാശ്രമധർമ്മത്തെയാണ് അങ്ങനെയാണോ ഗാർഹത്തെ സ്വീകരിച്ചതുപോലെ അയാളൊരു ധർമ്മത്തെ സ്വീകരിച്ചൊന്നുമില്ല അവിടെ കർമ്മമുണ്ട് അവിടെ കർമ്മം ഇല്ലാതാകത്തില്ല എന്തുകൊണ്ട് ഒരു ധർമ്മത്തെ അയാൾ ആ ധർമ്മത്തിന് അനുകൂലമായ അനുയോജ്യമായ സത്കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിച്ചേ പിന്നെ അങ്ങനെ സന്യാസിക്ക് കർമ്മത്തിൽ നിന്ന് ഉന്നയിക്കാൻ പറ്റും മറിച്ചാണെങ്കിലോ വേദാന്ത പ്രമാണജന ഏകത്വ പ്രത്യേകത അത് വരണം ആ തത്വജ്ഞാനം അവിടെ കർമ്മ നിവൃത്തി ലക്ഷണം പരിപ്രാജ്യം കർമ്മനിവൃത്തി രൂപത്തിലാജ്യം അവിടെ സംഭവിക്കും ഇതാണ് പരമഹംസ പദവി എന്ന് പറയുന്നത് അതാണ് ബ്രഹ്മസംസ്ഥത്വം സന്യാസത്തെക്കുറിച്ച് യാതൊരു സംശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ പക്ഷേ കാലം പറഞ്ഞിരിക്കുന്നു ഇതാണ് മുഖ്യസന്യാസം ആശ്രമധർമ്മം എന്ന് പറയുന്ന ഗുണസന്യാസം ആശ്രമധർമ്മത്തിൽ അലസതയ്ക്കുന്നു ഒന്നും യാതൊരു സ്ഥാനമില്ല ഇത് സിദ്ധം ഇനി ആശ്രമധർമ്മത്തിൽ തന്നെ പരിഭ്രജനം എന്നിപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഹംസൻ കർമ്മഹംസൻ എന്നിങ്ങനെ പലതായി സന്യാസിമാരെ തിരിച്ചത് പക്ഷെ ആശ്രമധർമ്മത്തിലുള്ള പരിപ്രജനം അതും അസാധ്യമായിത്തും അപ്പോൾ പിന്നെ ഇന്ന് പരിപ്രജനമേ അസാധ്യമായിത്തരുന്നു ബ്രഹ്മസംസ്ഥന് പോലും പരിപ്രജനം സാധ്യമല്ല എന്ന് പറയുമ്പോൾ ആരും കർമ്മം ഒഴിഞ്ഞു പോകുന്നത് അത് എന്താണ് കാലോചിതമല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് ആ പരിഭ്രജനം പറയുന്നു ഏത്തേന ഗൃഹസ്ഥുഗത്ത് വിജ്ഞാന സ്ഥിതി പരിപ്രാജ്യം അർത്ഥസിദ്ധം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഗൃഹസ്ഥന്റെ സ്ഥിതി എന്താണ് ഗൃഹസ്ഥനെ ഏത് കൂട്ടത്തിൽപ്പെടുത്തും ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ തന്നെയാണ് ഒരു സംശയം വേണ്ട ഗൃഹസ്ഥൻ ബ്രഹ്മസംസ്ഥനൊന്നും ആകത്തില്ല ശരി എന്നാൽ ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടായാലോ ഏകത്വ വിജ്ഞാനെ സതി ഏകത്വ വിജ്ഞാനം ഉണ്ടായാൽ പറയുന്ന ഏകത്വ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാരിപ്രാജ്യം അർത്ഥസിദ്ധം സ്വാഭാവികമായിട്ടും അയാൾ പരിപ്രാജ്യനായി എന്നുവെച്ചാൽ ഗൃഹസ്ഥ ധർമ്മത്തെ ആണ് ഉപേക്ഷിക്കുന്നു ഗൃഹസ്ഥ ധർമ്മത്തെ അനുഷ്ഠിക്കുക അതിനാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് അതിനു ഭാഷക്കാരൻ അംഗീകരിക്കുന്നു ഭാഷകാരൻ്റെ ഒരു പിടിവാശിയാണ് ഇത് സമുച്ഛയിക്കാൻ സാധ്യമല്ല ബ്രഹ്മസംസ്ഥയും പരിമരാജ്യ ഗാർഹസ്ഥും രണ്ടും കൂടെ ബ്രഹ്മസംസ്ഥനാണോ അവൻ പരുമരാജകനായിരിക്കും തത്വജ്ഞാനത്തെ പ്രാപിച്ചാൽ അവിടെ ഉപേക്ഷിച്ചു കൊണ്ടു ജ്ഞാനപ്രാപ്തി കർമ്മത്യാഗം കർമ്മത്യാഗം ജ്ഞാനപ്രാപ്തിക്ക് ഒരു ഉപായമല്ലേ ആണല്ലോ ജ്ഞാനപ്രാപ്തി പറയുന്നു ശരിയാണ് അവിടെ കർമ്മത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കാമ്യ നിഷിദ്ധ കർമ്മം കൊണ്ടെത്തിയാണ് നിഷിദ്ധകർമ്മങ്ങളുടെ ത്യാഗം നിത്യകർമ്മത്തിലൂടെ ചിത്തശുദ്ധി അങ്ങനെ ജ്ഞാനപ്രാപ്തി ജ്ഞാനപ്രാപ്തിയിൽ ഗൃഹസ്ഥന്റെ പരിപ്രാജനം ഇതാണ് സംഗതി കർശനമായി കണ്ടായി പറയുന്നത് ആശ്രമസന്യാസോടെ ഗൃഹസ്ഥനായിരുന്നു തത്വജ്ഞാനം നേടി കരു പറഞ്ഞാണെങ്കിൽ പിന്നെ ആശ്രമ സന്യാസത്തിലൂടെ പ്രസക്തി അതിനു വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥൻ ആദ്യ ആശ്രമ സന്യാസത്തെ സ്വീകരിക്കുന്നത് ഇപ്പോൾ കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു വാനപ്രസ്ഥം അല്ലെങ്കിൽ തപസ്സി സന്യാസാശ്രമധർമ്മം അവിടെ എത്തുന്നു അവിടെ എത്തി അവിടെ നിന്ന് അതുവരെ ധർമാനുഷ്ഠാനം തത്വജ്ഞാനം ജനം അവസാനം അത് പരിപ്രവജനത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശങ്കരാചാര്യരുടെ നിർബന്ധ ബുദ്ധി ആ കാര്യത്തിലാണ് കർമ്മം തിരിച്ചയും മതിയാവും പ്രത്യേകിച്ചൊരു സാങ്കേതികമായ വാദമാണ് ശങ്കരാചാര്യ പറഞ്ഞ കർമ്മത്യാഗത്തെ തെറ്റിദ്ധരിച്ചിട്ടാണ് അത് ഏത് നിലയിലുള്ള കർമ്മത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇന്ന് അലസന്മാര് സന്യാസം സ്വീകരിക്കുന്നത് അലസജീവിതത്തിനുള്ള ഒരു ഉപായമാണ് സ്വീകരിക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സംഗ്രാചകരത് അംഗീകരിച്ചിട്ടുള്ള കാര്യം അല്ല അഗ്നി ഉത്സാദന ദോഷ ഭാഗ് സ്യാത് പരിവ്രജൻ വീരഹാവ യേശേവാനാം യോ അഗ്നി അഗ്നിയെ ത്യജിക്കുന്നത് മഹാഭാവണെന്ന് പറയുന്നു അഗ്നിയെ സ്വീകരിക്കുന്നവൻ ഉപനയനം ചെയ്ത് വേദാധ്യനം ചെയ്ത് ദഹസത്തെ സ്വീകരിച്ച് അഗ്നിയെ സ്വീകരിക്കുന്നു കർമ്മത്തിന്റെ പ്രതീകമാണ് വൈദിക കർമ്മങ്ങളുടെ പ്രതീകമാണ് അല്ലെങ്കിൽ സ്മാർത്ഥകർമ്മത്തിൻ്റെ പ്രതീകം ആ കർമ്മത്തെ ഉപേക്ഷിക്കുക അതെ അഗ്നി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ചെയ്യാതിരിക്കുക ഗൃഹസ്ഥൻ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാതിരുന്നാൽ അവൻ നശിക്കും തന്നെ തന്നെ നശിപ്പിക്കുന്നവനാണ് എന്നുവെച്ചാൽ പുണ്യലോകങ്ങളെ നഷ്ടപ്പെടുത്തുന്നവനാണ് വിരഹ എന്നുറിഞ്ഞതാണ് അവന്റെ സത്കർമ്മ ഫലത്തെ അവൻ നശിപ്പിക്കുന്നു പറയുന്നുല്ല ദൈവോത്സാദിതത്വ ഹിസ യോഗർശനീജാതെ നമ്മുടെ കർമ്മത്തെ എന്താണ് നമ്മൾ ഗീതയിൽ പഠിച്ച രാജസത്യാഗം എന്തെങ്കിലും വൈഷമ്യം അനുഭവപ്പെടുക കർമ്മം ചെയ്യുമ്പോൾ ഒരു അനുഭവപ്പെടുക കർമ്മത്തെപേക്ഷിക്കുക അതൊന്നും എൻ്റെ അവിടെ ഉദ്ദേശിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിന് സ്വസ്ഥതയില്ല കർമ്മത്തെ ഉപേക്ഷിക്കുക കർമ്മം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ കർമ്മത്തെ ഉപേക്ഷിക്കുക ഇതൊന്നുമല്ല കർമ്മത്യാഗം ഒന്നുകിൽ എന്താണോ തത്വ ജിജ്ഞാസമുണ്ടോ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു അത് അംഗീകരിക്കുന്ന കാര്യമാണ് തത്വജിജ്ഞാസ ഉണ്ടാകുന്നു പരമാർത്ഥ ജിജ്ഞാസ ഉണ്ടാകുന്നു അപ്പോൾ പരമാർത്ഥ ജിജ്ഞാസയ്ക്കുള്ള ഉപായമായിട്ട് കർമ്മത്തെ ഉപേക്ഷിച്ച് സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്ന അവിടെയാണ് പക്ഷെ അവിടെ അഖന്തമാമതയൊന്നും ദേശിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നു സർവകർമ്മത്യാഗം സംഭവിക്കുന്നില്ല അപ്പോൾ സത്കർമ്മങ്ങൾ അവിടെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ലോകോപകാരപ്രദമായ കർമ്മങ്ങൾ സ്വീകരിക്കുന്നു കർമ്മയോഗം ചെയ്യുന്നു അതൊക്കെ അവിടെ അവിടെ എന്തുകൊണ്ടവിടെ കർമ്മവനൊന്നും ഒഴിഞ്ഞിട്ടില്ല മറിച്ചാണെങ്കിലോ ഇവിടെ ആത്മസംസ്ഥൻ പരമ്പരാജകനാണെങ്കിലോ ദൈവസാദിതത്വ സ്വയം ഒഴിഞ്ഞു പോയിരിക്കുകയാണ് കർമ്മം കർമ്മത്തെ ഉപേക്ഷിക്കുന്നതിന് ബലപ്രയോഗത്തിന്റെ ആവശ്യം അവന്റെ പ്രാരബം തന്നെ അതിന് അനുകൂലമായി വന്നു നടത്തി പ്രാരബ്ധം അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും സാധ്യമല്ല അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മത്തെ ഉപേക്ഷിക്കുന്നു വേണ്ട ഇനി കർമ്മം വേണ്ട കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് എന്തു ചെയ്യുന്നു സന്യാസിയാവുന്നു സന്യാസിയായാൽ പിന്നെ അവിടെ അതിന്റെ ഇരട്ടി കർമ്മം വരുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ അതീവോത്സാഹിതമല്ല തൻ്റെ ഇച്ഛ കൊണ്ട് ഉപേക്ഷിച്ചാണ് ഒരു കർമ്മത്തെ ഉപേക്ഷിച്ചാൽ പ്രാരബ്ധേഷിക്കുന്നു കർമ്മ പ്രാരബ്ധം അതുകൊണ്ട് വേറെ കർമ്മം ചെയ്യാനേ പറ്റൂ എന്തുകൊണ്ടവിടെ ഏകത്വ ദർശനം കൊണ്ടല്ലോ ഉപേക്ഷിച്ചത് ചിലപ്പോൾ തത്വ ജിജ്ഞാസ കൊണ്ടായിരിക്കും ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ കർമ്മത്തിലുള്ള വൈഷമ്യം കൊണ്ടായിരിക്കും ഉപേക്ഷിച്ചത് ഏതുകൊണ്ട് ഉപേക്ഷിച്ചാലും ശരി കർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല കർമ്മത്തിന്റെ രൂപവും രീതിയൊക്കെ മാറും സ്വഭാവം മാറും ഒരുപക്ഷെ ചെയ്തിട്ട് ദുഷ്കർമ്മമായിരിക്കും അത് സത്കർമ്മമായി മാറി മുമ്പ് കർമ്മം ചെയ്തിരിക്കും പരാർത്ഥമായി കർമ്മം ചെയ്തിരിക്കും മുമ്പ് ത്യാഗത്തെക്കുറിച്ച് അറിയില്ലായിരിക്കും ഇപ്പോൾ ത്യാഗബോധത്തോട് കർമ്മം ചെയ്തിരിക്കും എന്തായാലും കർമ്മം ഉണ്ടായി ദൈവോത്സാദിതം അല്ല കർമ്മത്യാഗത്തിന്റെ പ്രാരബ്ധാനുകൂലമായി ഒന്നു ചേർന്നതല്ല കർമ്മത്തെ മാറ്റിയെടുക്കുന്നു ആധ്യാത്മിക ജീവിതത്തിന് സൗകര്യപ്രദമായ പുതിയൊരു കർമ്മത്തെ സ്വീകരിച്ചൊന്ന് സമാധാനപ്പെടാം അതാകാം പക്ഷെ അവിടെയൊന്നും സന്യാസമല്ല കർമ്മത്യാഗമല്ല കർമ്മത്തെ മാറ്റിയെടുത്തതാണ് അറിഞ്ഞോ അറിയാതെയോ അതാണ് സാധാരണ സംഭവിക്കുന്നത് അതിനുള്ള യോഗ്യതയുള്ളൂ പിന്നെ കർമ്മത്തെ ശവിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ എല്ലാ കർമ്മത്തും ഉപേക്ഷിച്ചു വലിയ ശമ്പളം കിട്ടുന്ന കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിട്ട് കഞ്ഞു വേണ്ടി കർമ്മം ചെയ്യുന്നു ഇന്ന് സ്വയം പഠിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമില്ല എന്തുകൊണ്ട് ദൈവവും സാധ്യത അല്ല അവൻ്റെ കർമ്മത്തെ അവൻ കർമ്മം വേണ്ട കായക്ലേശ ഭയത്യജി ീതി പറഞ്ഞു അതല്ല ഇവിടെ തത്വ ഞാനീ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഏകത്വ ദർശനേ ജാതെ ഏകത്വ ദർശനം എന്ന പതൊഴിഞ്ഞു പോയി ബാധ്യസ്ഥനല്ല ഒരു കർമ്മവും ചെയ്യുന്നതിന് കർത്തൃത്വ ബുദ്ധിയോടുകൂടി അവൻ ചെയ്യുന്നില്ല ഭോക്തൃത്വ ബുദ്ധിയില്ല അതെല്ലാം പറയുന്നത് ആ വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മുഖ്യമായിട്ട് നമ്മൾ സാധനം ചെയ്യുന്ന ലൗകിക കർമ്മങ്ങളെ കുറിച്ചാണ് അഗ്നി അഗ്നിത്വം ഇത് ശ്രുതി ശ്രുതി എന്ന് പറയുന്നത് എന്താണോ ആ അഗ്നിയുടെ അഗ്നിത്വം നഷ്ടപ്പെട്ടു എന്നർത്ഥം അഗ്നി എന്ന് പറയുന്നതിൻ്റെ അഗ്നിത്വം എന്താണ് അത് ഫലത്തെ കൊടുക്കുന്നതാണ് ബന്ധത്തെ ഉണ്ടാകുന്നതാണ് ജന്മത്തെ ഉണ്ടാകുന്നതാണ് അതാണ് അഗ്നിയുടെ അഗ്നിത്വം അഗ്നി എന്ന് പറയുന്നത് ഇവിടെ കർമ്മപ്രതീകമാണ് വേദത്തിൽ അത് സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൊടുക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു അഗ്നിയുടെ അഗ്നിത്വം നഷ്ടപ്പെട്ടു എവിടെ ഏകത്വ ദർശനത്തിൽ അത് സംഭവിക്കുന്നു വിധിശ്രുദേഹി അതുകൊണ്ട് അഗ്നി ഉപേക്ഷിക്കുന്നതിൽ ദർശനം നേരത്തെ പറഞ്ഞു എന്താണോ അന്ത്യേഷ്ഠി അഗ്നി കൊണ്ടാണല്ലോ അവനെ ദഹിപ്പിക്കേണ്ടത് അന്ത്യേഷ്ഠി കർമ്മത്തിൽ അവനതുവരെ സൂക്ഷിച്ചിരുന്ന അഗ്നിഹോത്രത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന അഗ്നി എടുത്താണ് അവനെ ദഹിപ്പിക്കുന്നത് അഗ്നിയിൽ തന്നെ അവൻ അഗ്നിഹോത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചമസവും മറ്റും അവിടെ ദഹിപ്പിക്കുന്നു ആ പാത്രവും മറ്റും ദഹിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ അഗ്നി ഉപയോഗിച്ച് എങ്ങനെ സംഭവിക്കും അവൈദികമാവത്തില്ലേ ചെണ്ടാവിനെ പോലെ ആകുന്നുണ്ടോ പറയുന്നു അങ്ങനല്ല അഗ്നിയുടെ അഗ്നിത്വം നഷ്ടപ്പെട്ടു അവന് കർത്തവ്യമായിട്ടൊന്നുമില്ല പരിഭ്രജനമാണ് അവൻ അനുഷ്ഠിക്കുന്നത് അതോ എന്ന ദോഷഭാവ് ഗൃഹസ്ഥരിഭ്രജൻ അവര് ഗൃഹസ്ഥൻ്റെ പരിഭ്രജനത്തിൽ ദോഷമില്ല അത് ഗ്രഹന്മാർക്ക് സംശയമുള്ള കാര്യമാണ് തൻ്റെ തനിക്ക് കർത്തവ്യവുമായി പലതും കൊണ്ടായിരിക്കുക അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭാര്യയുടെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം ഇനിയും പിള്ളേരുണ്ട് കെട്ടിച്ചുവിടാൻ അതിനൊന്നുമ്പോൾ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഗുണമാണോ ദോഷമാണോ എന്നാ ഇങ്ങനെയൊക്കെയുള്ള ദോഷം തന്നെ മറിച്ചാണെങ്കിലോ എന്നാ ദോഷഭാവം ദോഷമല്ല ആ ചിന്തയില്ലാതെ സന്യാസം ശരിക്കും ആശ്രമധർമ്മത്തിൽ ഉള്ള സന്യാസം അതിന് വാസ്തവത്തിന് ശരിയായ ധർമ്മ അനുഷ്ഠിച്ചവന് അവകാശമാണ് ബ്രഹ്മചര്യത്തിലിരുന്ന് ശരിയായ ബ്രഹ്മചര്യ ധർമ്മത്തെ അനുഷ്ഠിച്ചവനും അടുത്ത സന്യാസധർമ്മത്തിന് അവകാശമുണ്ട് ഗൃഹസ്ഥ ധർമ്മത്തിലിരുന്ന് സത്യധർമാദികളോടുകൂടി ജീവിച്ച് അവന് മാത്രമേ അടുത്ത സന്യാസധർമ്മത്തിനവകാശമുള്ളൂ അല്ലാതെ ഇന്നത്തെ ശരിക്കും ധർമ്മത്തിനവകാശമില്ല പിന്നെ എന്താണ് ഉദ്യോഗത്തിലൊരു നിലപാട് കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ആ പാപമെല്ലാം ഭഗവാൻ വേണ്ടി സന്നിച്ചല്ലാന്ന് വിചാരിച്ച അന്ന് സന്യാസം അവസാനം ഇന്നെന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള അഹംസ്ഥം സർവപാപെ ഭീമോക്ഷ്യം ഞാൻ തന്നെ എല്ലാ പാപങ്ങളും നിന്നും മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പാപമോചനത്തിന് വേണ്ടി അങ്ങനെ ഒരു ആത്മബലി നടത്തിയാ ദോഷമൊന്നും പക്ഷെ അന്ന് സന്യാസമാണ് സന്യാസം ധർമ്മത്തിനെന്നേ സന്യാസത്തിന് അവകാശം ഏത് ധർമ്മത്തിനെന്നും അതുകൊണ്ട് ഗ്രഹസ്ഥരിവ്രജൻ ഗ്രഹസ്ഥൻ അവന്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യധർമാദികളെ പരിപാലിച്ച് ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവൻ അവൻ സന്യാസത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പം അവന് ദോഷചിന്ത ഞാൻ ഇന്ന എനിക്ക് കർത്തവ്യങ്ങളുണ്ട് അത് ചെയ്യാതെ ഞാൻ സന്യാസിക്കുന്നു അങ്ങനെ ഒരു പാപചിന്ത വരത്തില്ല ദോഷ ഇന്ത്യൻ വരത്തില്ല അതുകൊണ്ടെന്താണ് എന്ന ദോഷഭാഗം അവന് പരിവ്രചനം അവനൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല അവൻ തത്വജ്ഞാനം ആണോ അവന് അതുകൊണ്ടാണ് സന്യാസി രണ്ടായി ചിരിച്ചിരിക്കുന്നത് തത്വജ്ഞാനത്തോടു കൂടിയ സന്യാസും മറ്റൊന്ന് തത്വജിജ്ഞാസയോടുകൂടിയ സന്യാസം ധാർമ്മികമായ ജീവിതം നയിക്കുന്നവർക്ക് തത്വജിജ്ഞാസയോടുകൂടി സന്യാസം വിധിച്ചിരിക്കുന്നു ആരായുലായാലും ശരി ബ്രഹ്മചാരിയായാലും ശരി വാനപ്രസ്ഥനായാലും ശരി അത് ജീവിതം ധാർമ്മികമാണെങ്കിൽ തത്വ ജിജ്ഞാസയോടുകൂടി സന്യസിക്കും അല്ല നിങ്ങൾ എന്താണ് തത്വജ്ഞാനത്തിൽ സന്യസിക്കുന്നത് അതാ അല്ലാതെ വേറൊരു സന്യാസമുണ്ട് അതൊരു സന്യാസമൊന്നും വേണം ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച് അവസാന സമയത്തും വലിയ പശ്ചാത്താപം തോന്നും എല്ലാം തെറ്റ് എല്ലാം ചെയ്തു പോയല്ലോ പശ്ചാത്തലപിക്കാൻ ആർക്കും ഏത് സമയത്തും അവകാശം ഉണ്ടല്ലോ അവസരവും ഉണ്ടാവും അങ്ങനെ വലിയ പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ എന്താണ് താൻ ചെയ്ത എല്ലാ പാപത്തിനെയും പരിഹാരമായിട്ട് സന്യാസ്വീകരിക്കാത്തതാണ് ആതുരസന്യാസി പക്ഷെ ആതുരസന്യാസം മരിക്കുന്നതിന് തൊട്ടു മുമ്പേ സ്വീകരിക്കാവുന്നതാണ് കാരണം ഇവൻ്റെ പശ്ചാത്താപം മാറിയിട്ടും വീണ്ടും പഴയ പണി ചെയ്തു കളയും നേരത്തെ സന്യാ സ്വീകരിച്ചാൽ പിന്നെ സന്യാസിണ്ടെന്ന പഴയ പ്രവർത്തികൾ വീണ്ടും ചെയ്യും അതുകൊണ്ട് സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ഉറപ്പ് വരുത്തണം അവസാനത്തെ ശ്വാസമാണ് വലിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുമ്പ് കൊടുക്കണം സന്യാസി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെന്റിലേറ്റർ കിടക്കുമ്പോഴും കൊടുക്കാൻ പാടില്ല കാരണം ചിലവ് തിരിച്ചു വരും പിന്നെ പറയുന്ന ഇതിന് ഇന്ന് രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കുക സന്യാസി അത്രയും പ്രായശിത്ത ബോധമുള്ളവർ പാപം ചെയ്തിട്ട് അങ്ങനെ ഒരു സന്യാസമുണ്ട് അപ്പോൾ സന്യാസം എല്ലാവർക്കും ആ മറിച്ചാണെങ്കിലോ ഇവിടെ പറയുന്നു ഗ്രഹസ്ഥൻ സന്യാസിയാവുന്ന യഥാർത്ഥ തത്വ ജിജ്ഞാസമുണ്ടോ അല്ലെങ്കിൽ തത്വജ്ഞാനമുണ്ടോ സന്യാസത്തെ സ്വീകരിക്കുന്നതിന് ദോഷമില്ല ഇതാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം ഈ പ്രപഞ്ചത്തിൽ സന്യാസത്തെ വിശദമായി ചർച്ച ചെയ്ത് അടുത്ത വീണ്ടും മന്ത്രത്തിലേക്ക് വരുന്നു പ്രജാപതകൾ अभितप्तेभ्य लोका अभ्यतपत्भ्यो अभिप्तेभ्यीदाव्यतपत् अत्यक्षरा संप्रास्वंद ോർഭുസ്വരി ത ഓക്കാര സവധു സർവാ പണി സന്തൃണ് ഈ മന്ത്രത്തെ ഭാഷകാലം പല ഭാഗങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് പാണ്ഡുവ്യത്തിലും ഭാഷ്യത്തിലും ഇതിന് ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് പറയുന്നത് പ്രജാപദ്രിരാട് കശ്യപൂവാ ലോക അഭിതാപം കൃതവാൻ ധ്യാനം തപക്കൃതവാൻ പ്രജാപതി വിരാട് പുരുഷൻ അല്ലെങ്കിൽ കശ്യപൻ കശ്യപൻ തുടങ്ങിയവരെയും പ്രജാപതികളെന്ന് പറയും ലോകപാലകന്മാർ അവരെയും പറയും അല്ലെങ്കിൽ വിരാട് പുരുഷനെന്ന് കൊടുക്കാം മുഖ്യ സൃഷ്ടി കഴിഞ്ഞ് ബാക്കിയുള്ള സൃഷ്ടിക്ക് വേണ്ടി നിയോഗിച്ച പ്രജാപതികളെന്ന് പറയും അല്ലെങ്കിൽ ആ വിരാട് പുരുഷൻ എന്തു സൃഷ്ടിച്ചിട്ട് അതിനെ കുറിച്ച് അഭി തപകൃത അതിൽ നിന്ന് മനസ്സിലുണ്ടായി തസ് അഭിതക്ഷരാ അക്ഷരങ്ങളുണ്ടായി എന്താണ് ഭൂഹു ഭൂഹസുരാ വ്യാഹൃദയ മഹാവ്യാഹൃതികൾ എന്ന് വേദത്തിൽ പറയുന്ന ഇത് മൂന്നുമുണ്ടായി ഇത് സർവപ്രപഞ്ചത്തിൻ്റെയും പ്രതീകമാണ് മൂന്ന് രോഗങ്ങളുടെ പ്രതീകമാണ് തത്വങ്ങളുടെ പ്രതീകമാണ് എന്താണ് അതിനെ വ്യാഖ്യാനിക്കും താനി അക്ഷരാണി അഭിതപ്തഭ്യൂ അഭിതപ്തി ബ്രഹ്മ കീദൃശ്യ തഥ അങ്ങനെ തപ്പിച്ചപ്പോൾ അതിനൊന്നും എന്തുണ്ടായി ഓങ്കാരമുണ്ടായി അത്രയും വിദ്യ അതിനെ ധ്യാനിച്ചപ്പോ ഓങ്കാരമുണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത എന്താണ് തദ്ധ ശങ്കുന പർണ്ണനാട സർവാണി പർണാനി പത്രഅജാതാനി സന്ദർണാനി ബിദ്ധാനി വ്യാപ്താനിത്യഥി ഇല എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ദ്രവിച്ച് അതിൻ്റെ മാംസളമായ ഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കാണുന്ന എന്താണ് അതിൻ്റെ സിരകളാണ് ഇലയിൽ അപ്പോൾ മനസ്സിലാകും ആ ഇലയിൽ എങ്ങനെയാണോ ആ സിരകൾ സർവ്വത്ര വ്യാപിച്ചിരിക്കുന്നത് അത് മാറിക്കഴിഞ്ഞാലേ അത് കാണാൻ കഴിയത്തും അത് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ് ഇലയിൽ എത്രമാത്രം അത് വ്യാപിച്ചിരിക്കുന്നു ഒരക്ക പോലെ അത് നിറഞ്ഞിരിക്കുന്നു വിധാനി അതുപോലെ സർവവാക് ശബ്ദജാതം സന്തുണ്ണ അതുപോലെ പരമാത്മ പ്രതീകമായിരിക്കുന്ന ഈ ഓങ്കാരത്താൽ സർവ്വ വാക്കുകളും വ്യാപിച്ചിരിക്കുന്നു ഇലയിൽ നാരു വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമാണല്ലോ ആ നാല് തന്നെയാണ് ഇല ഇലയെന്ന് പറയുന്ന വേറൊരു സാധനത്തിൽ നാരം എന്ന് പറയുന്ന മറ്റൊന്ന് വ്യാപിച്ചിരിക്കുകയല്ല രണ്ടില്ല അവള് ഇല തന്നെയാണ് നാല് പക്ഷേ ഇലയെ കാണുമ്പോൾ നമ്മൾ നാരം പറയുന്നു ആ ഇലയിലിരിക്കുന്ന ബാക്കി മാംസളമായ ഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ പറയുന്നു ഇത് നാരാണ് വാസ്തവത്തിൽ എന്താണത് ഇങ്ങനെ തന്നെ അതാണ് പറയുന്നത് ഓങ്കാരോ വൈ സർവ് ഇത്യാദി ശ്രദ്ധ ഈ പറയുന്ന സ്ത്രീകളുടെ താല്പര്യം അതാണ് സർവശബ്ദവും ഓങ്കാരും തന്നെ എന്തുകൊണ്ടത് ഓങ്കാരം ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മവാചകമാണ് സർവവും ബ്രഹ്മം സർവവും ബ്രഹ്മമാണെങ്കിൽ വാച്യമായ സർവ്വവും തന്നെ അങ്ങനെയാണെങ്കിൽ വാചകമായിരിക്കുന്ന സർവ്വശബ്ദവും ഓങ്കാരവും തന്നെ അതാണ് എൻ്റെ ഇത് മാണ്ഡുക്യത്തിൽ ഭാഷ വിശദീകരിച്ചു അതല്ലാതാകാൻ വഴിയില്ല അല്ല ഓങ്കാരം പറയുന്നത് ഒന്നു മാത്രമല്ല അതുകൊണ്ടാണ് ഓങ്കാരത്തിന്റെ അധ്യക്ഷിതമായിരിക്കുന്ന അകാരം അകാരോ വൈ സർവാക് ഇത്യാദി ഓങ്കാരമാണ് സർവ്വവാക്കുമെന്ന് പറഞ്ഞാൽ ഓങ്കാരത്തിൻ്റെ ആദ്യപാത ആ അക്കാരം തന്നെ സർവവാക്കും ഇത്തരത്തിലാണ് പറയുന്നത് എല്ലാ ശബ്ദത്തിലും ആ ഉണ്ടോ ഈയിലാ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നു അത് ബ്രഹ്മവാചകമായതുകൊണ്ട് സർവ ബ്രഹ്മമായിരിക്കുന്നതുകൊണ്ട് സർവശബ്ദത്തിൻ്റെയും വാചിയും ബ്രഹ്മമായിരിക്കുന്നതുകൊണ്ട് സർവവാചകങ്ങളും ആ ഓങ്കാരം തന്നെയാണ് ആ പ്രധാനിയാണ് അകാരം അതുകൊണ്ട് അകാരം സർവ്വ വാക്കാണ് പരമാത്മ വികാരശ് നാമധേയം മാത്രം അതിന് വിശദീകരിക്കുന്നു സർവനാമധേയം പരമാത്മവികാരമാണ് അതുകൊണ്ട് ഓങ്കാരേ വേദം സർവം അതുകൊണ്ട് പറയാം ഇതെല്ലാം ഓങ്കാരം തന്നെയാണ് ദുരഭ്യാസ അതൊരാടെ രണ്ടു തവണ പറഞ്ഞു ഇത് ഓങ്കാരം തന്നെയാണ് ലോകാദി നിഷ്പാദന കഥനം ഓങ്കാര സ്തു അർത്ഥം ഇവിടെ ഈ പറയുന്നത് ലോക സൃഷ്ടിയെ കുറിച്ചെല്ലാം പറയുന്നത് എന്താണ് ഓങ്കാരത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഓങ്കാരമാണ് അടുത്ത് പറയുന്നു ബ്രഹ്മവാദിനോ വദന്തി വസുവിനം പ്രാതഃവനം രുദ്രാണാം മാധ്യന്തിനം തൃതീയസവനം കൊത്തർ യസമാനസോകു അഥ വിൻകുറിയ പ്രാതരനുവാഗസ് ഉപകരണ ജനേന ഗാർഹപത്യുദ ഉപവിശ്യ സവാസവം സമഭിഗായോകരമർ പശിമ രാഹു ആജ്യ ആയി अथ जुति नमो अग्नए पृथ्वीक्षि लोकक्षिते लोकमेजमायश वै यजम से लोकताजम परुष स्व अपजहि पर ുക്വാതിഷത്തിസ്മൈ ബസവപ്രാതസവനം സമ്പ്രയത് പുരാമാധ്യന്തിനസുരണ ജന അഗ്നിധ്രിയ ഉദന്മുഖ ഉപവിശ്യ സ രൗദ്രം സിഗായ ോകദ്വാരണോ പശ്ചിമ അത് പ്രദമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പരോടുത്തിരിക്കുന്നത് അധ ജുഹോതി നമോ വായവേ അന്തരീക്ഷക്ഷിത്തെ ലോകക്ഷിത്തെ ലോകം യജമാനായ വിദേശ വൈ യജമാന ലോക എത്ത പരസാഷ സ്വാഹി പരിഖമിത്യുക് ഉതി തസ്മൈ രുദ്രമാധ്യന്തി സവനം സമ്പ്രശന്തി പുരാ തൃതീയസവനസ ഉപകരണ ജന ആഹസന്മുഖ ഉപവിശ്യ സ ആദിത്യം സൈശ്വദം സഭിഗായ ലോകദ്വരമപർണോ പശിമവാവയം സ്വാഹും आज्यायो ആയി ആദിത്യഥ വൈസുദോകദ്രമപയസ്തം ആദ്യ ആയി അഥ ജഹോതി നമ ആദിത്യേഭ്യേഭ്യേഭ്യോ വീക്ഷോ ലോകക്ഷി ലോകം മേ യജമാന വിത വൈ യജമാന ലോക ഏതമാന പരസാഷ സ്വാഹപഹത പരിഹമിത്യുക്തി തസ്ദിത വിശേദദേ തടീയശവനം സമ്പ്രച്ഛന്തിഷമാേദം വേദ യം വേദ